നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും നിനക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും തങ്ങൾ വിശ്വസിച്ചുവെന്ന് അവകാശപ്പെടുന്നവരെ നീ കണ്ടില്ലേ അവർ താഗൂത്തിന് വിധി ആഗ്രഹിക്കുന്നു എന്നാൽ അതിനെ നിഷേധിക്കാൻ അവർക്ക് കൽപ്പന ലഭിച്ചിട്ടുള്ളതാണ് പിശാജ് അവരെ വിദൂരമായ വഴിതെറ്റിക്കൽ വഴിയിൽ വഴിതെറ്റിക്കാൻ ആഗ്രഹിക്കുന്നു